യസ്ര ഇങ്ങനെ ദേവാലയത്തിനു മുമ്പിൽ വീണുകിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രയേലിയരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി ജനവും വളരെ കരഞ്ഞു അപ്പോൾ ഏലാമിന്റെ പുത്രന്മാരിൽ ഒരുവനായ യഹിയേലിന്റെ മകൻ ശഖന്യാവോ യസ്രയോട് പറഞ്ഞത് നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്ത് ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരുത്തികളെ വിവാഹം ചെയ്തിരിക്കുന്നു എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രയേലിനുവേണ്ടി ഇനിയും പ്രത്യാശയുണ്ട് ഇപ്പോൾ ആ സ്ത്രീകളെയൊക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനന്റെയും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനീങ്കൽ വിറയ്ക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ എഴുന്നേൽക്ക ഇതൊന്നീ നിർവഹിക്കേണ്ടുന്ന കാര്യം ആകുന്നു ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും ധൈര്യപ്പെട്ട് പ്രവർത്തിക്ക അങ്ങനെ എസ്ര എഴുന്നേറ്റ് ഈ വാക്കുപോലെ ചെയ്യേണ്ടതിന് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രഭുക്കന്മാരെയും എല്ലാ ഇസ്രയേലിയരെയും കൊണ്ട് സത്യം ചെയ്യിച്ചു അവർ സത്യം ചെയ്തു എസ്ര ദേവാലയത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് എല്യാഷീബിന്റെ മകനായ യഹോഹാനാന്റെ അറയിൽ ചെന്ന് പ്രവാസികളുടെ ദ്രോഹം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും അനന്തരം അവർ സകല പ്രവാസികളും എരുശിലേമിൽ വന്നുകൂടേണമെന്ന് പ്രഭുക്കന്മാരുടെയും മൂപ്പൻമാരുടെയും നിർണയപ്രകാരം മൂന്ന് ദിവസത്തിനകം ആരെങ്കിലും വരാതെയിരുന്നാൽ അവന്റെ വസ്തുവക ഒക്കെയും കണ്ടുകെട്ടിയെടുക്കുകയും അവനെ പ്രവാസികളുടെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്നും യഹൂദയിലും യരിശിലേമിലും പ്രസിദ്ധമാക്കി അങ്ങനെ യഹൂദയുടെയും ബെന്യാമീന്റെയും സകല പുരുഷന്മാരും മൂന്നാം ദിവസത്തിനകം എരുസലേമിൽ വന്നുകൂടി അത് ഒമ്പതാം മാസം ഇരുപതാം തീയതി ആയിരുന്നു സകല ജനവും ആ കാര്യം ഹേതുവായിട്ടും വൻമഴ നിമിത്തവും വിറച്ചും ദൈവാലയത്തിന്റെ മുറ്റത്ത് ഇരുന്നു അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുന്നേറ്റ് അവരോട് നിങ്ങൾ ദ്രോഹം ചെയ്ത് ഇസ്രയേലിന്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാരുത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്നു ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപമേറ്റുപറുകയും അവന്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരുത്തികളോടും വേർപെടുകയും ചെയ്യുവീൻ എന്നു പറഞ്ഞു അതിന് സർവ്വസഭയും ഉറക്കെ ഉത്തരം പറഞ്ഞത് നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നു എങ്കിലും ജനം വളരെയും ഇത് വർഷകാലവും ആകുന്നു വെളിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകരും ലംഘനം ചെയ്തിരിക്കയാൽ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തീരുന്ന സംഗതിയുമല്ല ആകയാൽ ഞങ്ങളുടെ പ്രഭുക്കന്മാർ സർവസഭയ്ക്കും പ്രതിനിധികളായി നിൽക്കട്ടെ ഈ കാര്യം നിമിത്തം നമ്മുടെ ദൈവത്തിനുള്ള കഠിന കോപം ഞങ്ങളെ വിട്ടുമാറുവോളൂ ഞങ്ങളുടെ പട്ടണങ്ങളിൽ അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഏവരും അവരോടുകൂടെ അവിടവിടങ്ങളിലെ മൂപ്പന്മാരും ന്യായാധിപതിമാരും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വരികയും ചെയ്യട്ടെ അതിന് അസാഹേലിന്റെ മകനായ യോനാഥാനും തിക്കോയുടെ മകനായ എസെയാവും മാത്രം വിരോധം പറഞ്ഞു മെഷുല്ലാമും ഷബേഥായി എന്ന ലേവ്യനും അവരെ താങ്ങിപ്പറഞ്ഞു പ്രവാസികളോ അങ്ങനെ തന്നെ ചെയ്ത് യസ്രാ പുരോഹിതനെയും പ്രതിർഭവനം പ്രതിർഭവനമായി ചില പ്രതിർഭവനത്തലവന്മാരെയും പേരുപേരായി തെരഞ്ഞെടുത്ത് അവർ ഈ കാര്യം വിസ്തരിപ്പാൻ പത്താം മാസം ഒന്നാം തീയതി യോഗം കൂടി അന്യജാതിക്കാരു വിവാഹം കഴിച്ചിരുന്ന സകല പുരുഷന്മാരുടെയും കാര്യം അവർ ഒന്നാം മാസം ഒന്നാം തീയതി കൊണ്ട് തീർത്തു പുരോഹിതന്മാരുടെ പുത്രന്മാരിലും അന്യജാതിക്കാരുത്തികളെ വിവാഹം കഴിച്ചവരുണ്ടായിരുന്നു അവരാരെന്നാൽ യോസാദാക്കിന്റെ മകനായ യേശുവരിയുടെ പുത്രന്മാരിലും അവന്റെ സഹോദരന്മാരിലും മേശയാവ് എലിയേസർ യാരി ഗദല്യാവ് എന്നിവർ തന്നെ അവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് കൈയടിച്ചു അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുറ്റത്തിനായി ഓരോ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു ഇമ്മേരിന്റെ പുത്രന്മാരിൽ ഹനാനി സെബ്യാവ് ഹാരിമിന്റെ പുത്രന്മാരിൽ മയശയാവ് ഏലിയാവ് ശെമയ്യാവ് എഹിയേൽ ഉസിയാവ് പശൂരിന്റെ പുത്രന്മാരിൽ എല്യോവേനായി മയശേയാവ് ഇഷ്മയേൽ നെഥനേൽ യോസാബാദ് എലയാസ ലേവ്യരിൽ യോസാബാദ് ഷിമയി കെലീത്ത എന്നുപേരുള്ള കേലയാവ് പെതഹ്യാവ് യഹൂദ എലിയസ സംഗീതക്കാരിൽ എല്യഷീർ വാതിൽക്കാവൽക്കാരിൽ ഷല്ലൂം തേലേം ഊരി ഇസ്രയേല്യരിൽ പരോഷിന്റെ പുത്രന്മാരിൽ രമ്യാവ് ഇഷിയാവ് ാവ് മിയാമിൻ എലയാസർ മൽകിയാവ് ബനായാവ് എലാമിന്റെ പുത്രന്മാരിൽ മഥന്യാവ് സെഖരിയാവ് എഹിയേൽ അബ്ദി എരേമോത് ഏലിയാവ് സത്തുവിന്റെ പുത്രന്മാരിൽ എല്യോവെനായി എല്യാഷീ മഥന്യാവ് എരേമോത് സാബാദ് അസീസ ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ ഹനന്യാവ് സബ്ബായി അഥലായി ബാനിയുടെ പുത്രന്മാരിൽ മെഷുല്ലാം മല്ലൂ അഥയാവ് യാശൂബ് ഷെയാൽ എരേമോത് പഹത്മോവാബിന്റെ പുത്രന്മാരിൽ ഹദ്ന കെലാൽ ബനായാവ് മയശേയാവ് മഥന്യാവ് ബസലയേൽ ബിനുവി മനശേൽ പുത്രമാര് എലിയസർ ഇഷിയാവ് മൽക്കിയാവ് സെമയ്യാവ് സിമയോൻ ബെന്യാമിൻ മല്ലു സെമയ്യാവ് ഹാശുമിന്റെ പുത്രന്മാർ മഥനായി മഥത്ത സാബാദ് എലിഫെലേ യരേമായി മനശേമ ബാനിയുടെ പുത്രന്മാർ മയതായി അമ്രാം ഊവേൽ ബനായാവ് ബേദയാവ് കെലൂഹൂം വന്യാവ് മെരേമോത് എല്യാഷി മഥന്യാവ് മെഥനായ് യാസു ബാനി ബിന്നുവി സിമയി ശെലമ്യാവ് നാഥാൻ അദായാവ് മഖ്നദെബായ് ശശായ് ശാരായി അസരയേ ശെലമ്യാവ് ശമയ്യാവ് ശെല്ലും അമരിയാവ് യോസെഫ് നെബോവിന്റെ പുത്രന്മാരിൽ യേൽ മിഥിത്യാവ് സാബാദ് സെബീന യെദായ് യോവേൽ ബനായാവ് ഇവരെല്ലാവരും അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരുന്നു അവരിൽ ചിലർക്ക് മക്കളെ പ്രസവിച്ച ഭാര്യമാരും ഉണ്ടായിരുന്നു